ഭഗവാനെ ധ്യാന ബലം കൊണ്ട് സഗുണമൂർത്തിയായിട്ട് നമുക്ക് നമുക്ക് മുമ്പിൽ കാണാൻ സാധിക്കും സഗുണമൂർത്തിയായിട്ട് ഭഗവാൻ നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് ദർശനം തരുക എന്നുള്ളത് അസാധ്യമല്ല എത്രയോ മഹാത്മാക്കൾ സാധിച്ചിട്ടുള്ളതാണ് അതിന് കാരണവും ധ്യാനമാണ് ധ്യാനം എന്നുവെച്ചാൽ പ്രേമത്തോട് പ്രിയത്തോടെ ഭക്തിയോടെയുള്ള സ്മരണം ഭക്തിയോടെ ഉള്ള സ്മരണം കൊണ്ട് ഭഗവാൻ മുമ്പില് പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ ഭഗവാന്റെ ദിവ്യരൂപത്തിനെ പ്രത്യക്ഷപ്പെടുത്താവുന്ന അത്രയും ധ്യാന ധ്യാന ആദ്യം ഉള്ളില് ഭഗവാന്റെ രൂപത്തിനെ ദർശിക്കാൻ സാധിക്കും പിന്നീട് പുറമേക്ക് ഭഗവാൻ ആവിർഭവിക്കുന്നതായിട്ട് നമുക്ക് മുമ്പില് കാണാം ഭഗവാന്റെ ദിവ്യദർശനം ധ്രുവന് സാധിച്ച പോലെ ഭാഗവതത്തില് ധ്രുവൻ ഭഗവാനെ ഉള്ളില് ധ്യാനിച്ചു ഹൃദയത്തില് ധ്യാനിച്ചു ആ ഹൃദയത്തില് ധ്യാനിച്ച അതേ രൂപം ബഹിസ്ഥിതം ദദർശ ഉള്ളിലുള്ളത് അതേപോലെ പുറമേക്ക് നിൽക്കുന്നതായിട്ട് കണ്ടു എന്നാണ് അതേപോലെ താൻ എങ്ങനെ ധ്യാനിച്ചുവോ അതേ രൂപം തന്റെ മുമ്പില് പ്രത്യക്ഷപ്പെട്ട് തന്നെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടുവന്നു അതിന് മൂല കാരണം എന്താ നാരദ മഹർഷി വാസുദേവ മന്ത്രം ഉപദേശിച്ചു കൊടുത്ത് കുഞ്ഞെ ഇന്നെ പോലെയൊക്കെ ധ്യാനിക്കൂ എന്ന് പറഞ്ഞുകൊടുത്തു ഭഗവാന്റെ രൂപത്തിനെ വർണ്ണിച്ചു കൊടുത്തു ഓരോരുത്തർക്കും ഓരോ പോലെയാണ് കപിലൻ വർണ്ണിക്കുന്ന രൂപം വേറെ നാരദൻ വർണ്ണിക്കുന്ന രൂപം വേറെ അവരവരുടെ ഭാവത്തിനനുസരിച്ച് ഭഗവാന്റെ രൂപം വർണ്ണിക്കും അവരവരെ ഏതേത് രൂപം വർണ്ണിച്ചിട്ടുണ്ടോ അതുപോലെ മുമ്പിൽ ഭഗവാൻ പ്രകാശിക്കും ഏ യഥാമാം പ്രപദ്യത്തെ താൻ തഥൈവ ഭജാമ്യഹം എങ്ങനെ രാധിക്കുന്നു ഏത് രൂപത്തിൽ ആരാധിക്കുന്നു ആ രൂപത്തിൽ ഞാൻ അവരുടെ മുമ്പിൽ പ്രകാശിക്കും അപ്പൊ അവരവരുടെ ഭാവത്തിനനുസരിച്ച് പ്രകാശിക്കുന്നു മഹാരാഷ്ട്രത്തില് നാമദേവൻ എന്നൊരു ഭക്തനുണ്ടായിരുന്നു നാമദേവൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നമുക്കിവിടെ ഗുരുവായൂർ പോലെ മഹാരാഷ്ട്രം മുഴുവൻ ആരാധിക്കുന്ന മൂർത്തിയാണ് പാണ്ഡുരങ്കൻ വിഠൽ പണ്ഡർപൂർ അവിടെ ഭഗവാനെ വൈഷ്ണവര് വിഷ്ണുവായിട്ട് ആരാധിക്കും ശൈവര് ശിവനായിട്ട് ആരാധിക്കും ജൈനന്മാര് ജിനനായിട്ട് ആരാധിക്കും അനേകവിധത്തിൽ ഒരേ മൂർത്തിയെ ആരാധിക്കും എന്താന്ന് വെച്ചാൽ ഒരു ലക്ഷണവുമില്ല നമുക്കിവിടെ സംഗമേശ്വര സ്വാമി നിർവിശേഷമായിട്ട് നിൽക്കണ പോലെ അവിടെ വിട്ടലും നിർവിശേഷ സ്ഥിതിയാണ് കയ്യിൽ ആയുധങ്ങളില്ല കണ്ട വിഷ്ണുവാണെന്നും പറയാൻ വയ്യ ശിവനാണെന്നും പറയാൻ വയ്യ ഇടുപ്പില് കൈവെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മൂർത്തി അതുകൊണ്ടാണ് ശങ്കരാചാര്യസ്വാമികൾ പാണ്ഡുരംഗാഷ്ടകം എഴുതിയപ്പോ പരബ്രഹ്മലിംഗം ഭജേ പാണ്ഡുരംഗം പരബ്രഹ്മലിംഗം എന്നാണ് പരബ്രഹ്മത്തിന് പരബ്രഹ്മത്തിനൊരു രൂപം കൊടുത്ത് നിർത്തി ഉള്ളൂ എന്നാണ് എന്ത് എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ധ്യാനിച്ചോട്ടെ ശംഖചക്രം വെച്ചാൽ ശൈവന്മാരെ ആരാധിക്കില്ല ശൂലം വെച്ചാൽ വൈഷ്ണവരെ ആരാധിക്കില്ല ഇവിടെ യാതൊരു കംപ്ലയിന്റും ഇല്ലാത്തൊരു മൂർത്തി എന്നാണ് അതും ഭക്തിപ്രസ്ഥാനം ഭക്തന്മാരുടെ വലിയ സംഘം ഉണ്ടായി മഹാരാഷ്ട്രത്തിൽ ഈ പാണ്ഡുരംഗ ഭക്തിയോടുകൂടെ അത് മുഖ്യമായി ആരംഭിച്ചത് ജ്ഞാനേശ്വരൻ ശങ്കരാചാര്യസ്വാമികളാണ് ആദ്യം പാട്ട് എഴുതിയതെന്ന് പറയണം പാണ്ഡുരംഗാഷ്ട പിന്നെ ജ്ഞാനേശ്വരൻ അദ്ദേഹം ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യമെഴുതി ജ്ഞാനേശ്വരി അനേക കൃതികൾ രചിച്ചു അതിൽ ഈ വിട്ടലിനെ സ്തുതിച്ചുകൊണ്ട് ധാരാളം സ്ത്രോത്രങ്ങൾ എഴുതി ഒരു അമ്പലത്തിലെ മൂർത്തി ആരാധിക്കപ്പെടുന്നതും ലോകത്തിൽ അംഗീകരിക്കപ്പെടുന്നതും എപ്പോഴും ഏതെങ്കിലും ഭക്തന്മാരും പാടുമ്പോഴാണ് ഗുരുവായൂര് ഭട്ടതിരിയും പൂന്താനും ഒക്കെ പാടിയത് കൊണ്ട് ഗുരുവായൂരപ്പനെ അറിഞ്ഞു എന്നാണ് ഭക്തേഷു പ്രകടിത ഫലാഭ്യാം ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിൽ പറയണു ഒരു ഭഗവാനെ അറിയണമെങ്കിൽ ഭക്തനിലൂടെ വേണം അറിയാൻ തമിഴ്നാട്ടിൽ ഒരു ചൊല് തന്നെയുണ്ട് പാടൽപെത്ര കോയിൽ എന്ന് പറയും അതായത് ഒരു അമ്പലത്തിനെ ആ അതിന്റെ മഹിമ അറിയണമെങ്കിൽ ഭക്തന്മാരാരൊക്കെ പാടിയിട്ടുണ്ട് എന്ന് ചോദിക്കും ആ അമ്പലത്തിനെ കുറിച്ച് എത്ര ഭക്തന്മാരും പാടിയിട്ടുണ്ട് ശൈവന്മാരായിട്ടുള്ള ഭക്തന്മാർ പാടിയിട്ടുണ്ടോ വിഷ്ണു ക്ഷേത്രമാണെങ്കിൽ വൈഷ്ണവരായിട്ടുള്ള ആഴ്വാർമാർ പാടിയിട്ടുണ്ടോ അവരൊക്കെ അതാത് ക്ഷേത്രം ഇപ്പൊ തിരുവഞ്ചിക്കുളത്ത് പോയി നോക്കിയാൽ സുന്ദരമൂർത്തിസ്വാമികൾ എഴുതിയ പാട്ട് തിരുവഞ്ചിക്കുളത്തില് ഭഗവാനെ കുറിച്ച് എഴുതിയ പാട്ട് അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഇതൊരു സമ്പ്രദായം അതേപോലെ പണ്ഡർപൂർ ആ ഭക്തന്മാരുടെ കഥകളൊക്കെ ഈ പാണ്ഡുരംഗനെ ചുറ്റി ചുറ്റി ചുറ്റിയാണ് അതിലീ നാമദേവൻ അനേക അഭംഗങ്ങൾ എഴുതിയിട്ടുണ്ട് ഇവരൊക്കെ അനേ പലേ ജാതികളിലും പെട്ടവരാണ് ഒരാള് തുന്നൽക്കാരൻ കലീലിക്ക് ഇതൊന്നേ പറ്റുള്ളൂ എന്നാണ് നമ്മളുടെ കാലത്തേക്ക് ഒരാളും സന്യാസം സ്വീകരിച്ചവരെന്ന് പ്രത്യേകിച്ച് എല്ലാരും അവരവര് ഏതേത് ജോലിയോ അതാത് ജോലി ചെയ്തുകൊണ്ട് ഭഗവാനോട് ഭക്തി ഒരാള് നെയ്ത്തുകാരൻ ഒരാള് ചെരുപ്പുകുത്തി ഒരാള് സ്വർണപ്പണിക്കാരൻ ഇങ്ങനെ പല ഭക്തന്മാർ ഇവരൊക്കെ ആ ഒരു മൂർത്തിയോട് ഭക്തിയാൽ ജ്ഞാനികളായവരാണ് ആത്മസാക്ഷാത്കാരം നേടിയവരാണ് ഭക്തി പാണ്ഡുരംഗനോട് ഭക്തി ചെയ്ത് ആ ഭക്തി ഇവരെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിച്ചു ഭക്തിയാമാം അഭിജാനാദി മിയെ പിടിച്ചു നമ്മൾ എന്നുവെച്ചാൽ ഭഗവാനോടുള്ള പ്രിയം ഭഗവാൻ തന്നെ നമുക്ക് ഗുരു ഭഗവാൻ തന്നെ നമുക്ക് തത്വോപദേഷ്ടാവ സംഗമേശ്വരസ്വാമി തന്നെ നമുക്ക് ഉപദേശിക്കുന്നു നമ്മളെ ക്രമേണ ധ്യാനത്തിന്റെ പടിയിൽ ഭഗവാനോടുള്ള പ്രിയം തന്നെയാണ് ധ്യാനം നമുക്ക് ആരോടെങ്കിലും പ്രിയം നമ്മളെ അറിയാതെ അവരെ ധ്യാനിക്കും വിഷമമുണ്ടാവില്ല ഒരു ഭാര്യക്ക് ഭർത്താവിനെ ധ്യാനിക്കാൻ ജപമാലിയും ഫോട്ടോ ഒക്കെ വേണോ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ ധ്യാനിക്കാൻ ഭർത്താവിന്റെ ഫോട്ടോ വെച്ച് വിളക്ക് കൊളുത്തി ജപമാലയൊക്കെ വേണോ മറക്കാൻ പറ്റാതെ ധ്യാനിക്കും സഹജമായിട്ട് സ്മരണമുണ്ടാകും അല്ലെ അതുപോലെ ഭഗവാനോട് പ്രിയം ഏർപ്പെടുമ്പോ ആ പ്രിയത്തിന് ഭഗവാനും വശീകൃതനാവും എന്നാണ് ഭാഗവതത്തിൽ അംബരീഷ ചരിത്രത്തിൽ ഭഗവാൻ പറയുന്നു ഭക്തന്മാർ എന്നെ കെട്ടിയിടുന്നു എന്നാണ് പട്ടുനൂലുകൊണ്ട് കെട്ടിയിടുന്നു പ്രേമമാവുന്ന പട്ടുനൂലുകൊണ്ട് പ്രണയരശന വശീകുറന്തി മാം ഭക്യാത്രയഹ സത്യ പതിവ്രതകളായ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ വശീകരിച്ച് തൻ വശപ്പെടുത്തുന്നതുപോലെ ഭക്തന്മാര് ഭഗവാനെ അവരവരുടെ വശത്തില് പിടിച്ചു എന്നാണ് അതുപോലെയുള്ള ഭക്തന്മാരായവരൊക്കെ അപ്പൊ എന്താവും ഭഗവാൻ അവരുടെ വശത്താവും ഭഗവാൻ അവരുടെ വശത്തായാൽ ഭഗവാൻ എന്ത് ചെയ്യും അതാണ് ഈ നാമദേവന്റെ കഥ നാമദേവൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോ വിട്ടലിന്റെ ഒരു മൂർത്തി വെച്ചാരാധിക്കും ഈ കഥ കേരളത്തിലും പ്രചാരമുണ്ട് വേറെ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഞാൻ കഥ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അച്ഛൻ ദിവസം കുട്ടിക്ക് പാല് കൊടു അവരുടെ വീട്ടിലൊരു വിട്ടലുടെ മൂർത്തിയുണ്ട് ആ മൂർത്തിക്ക് പാൽ അഭിഷേകം ചെയ്യും നിവേദ്യം വയ്ക്കും ഒരു ദിവസം തന്റെ കുട്ടി ഈ നാമദേവൻ നാമദേവന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു നേദിക്കാനായിട്ട് അച്ഛൻ എവിടേക്കോ പോയി തുണി നെയ്ത്തുകാരാണ് അപ്പോ നാമദേവൻ ഈ ഭഗവാന്റെ ഈ ദിവ്യമൂർത്തിക്ക് നേദ്യം വെച്ച് ഭഗവാനോട് കഴിക്കാനായിട്ട് നിർബന്ധിക്കാം അനക്കമില്ലാതെ മൂർത്തി നിക്കുന്നു കുട്ടി ഉറക്ക കരയാൻ തുടങ്ങി കുറേ നേരം കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ഭഗവാന്റെ ഹൃദയം അലിഞ്ഞു എന്നാണ് ഭഗവാൻ ആ കുട്ടിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് നിവേദ്യം എടുത്ത് കഴിച്ചു മുഴുവൻ കഴിച്ചു കഴിഞ്ഞപ്പോ ഒരു അടിയങ്ങോട് കൊടുത്തു എന്താണെന്ന് വെച്ചാൽ ദിവസം പകുതി കഴിച്ചിട്ട് പകുതി കുട്ടിക്ക് നേദ്യം കൊടുക്കുന്നതാണേ തന്റെ പങ്കും കൂടെ കഴിച്ചപ്പോ ഭഗവാൻ ഒരു അടി കൊടുത്തു അന്നുമുതൽ സഖ്യഭക്തി എന്നുവെച്ചാൽ സഖാവായിട്ട് ഭഗവാനെ കരുതിയതുകൊണ്ട് ഭഗവാൻ സഖാവായിട്ട് തീർന്നു ആ പരബ്രഹ്മത്തിനെ നമ്മൾ എങ്ങനെ ഭാവിക്കുന്നു അതുപോലെ അത് നമ്മളുടെ അടുത്ത് കളിക്കും അതിനെ വാത്സല്യത്തോട് ഭജിച്ചാൽ വത്സലനായിട്ട് വരും മാധുര്യത്തോട് ഭജിച്ചാൽ അതിനനുസരിച്ച് നാഥനായിട്ട് വരും അച്ഛനോ അമ്മയായിട്ടോ കരുതിയാൽ അതുപോലെ ആയിത്തീരും അപ്പൊ ഈ കുട്ടിയുടെ കൂടെ അന്നുമുതൽ കൃഷ്ണൻ കളിക്കാൻ തുടങ്ങി രാവിലെ ആയാൽ കളിക്കാൻ വിളിക്കാനായിട്ട് വരൂ അത്രേ അമ്പലത്തിന്ന് വീട്ടിലേക്ക് വീട്ടിൽ വരും രണ്ടുപേരും കൂടെ കളിക്കും നാമദേവനും കൃഷ്ണനും കൂടെ കുറച്ചു ദിവസം അത് ഇത് വേറെ ആർക്ക് കാണില്ലല്ലോ ആ കുട്ടിക്കേ കാണുള്ളൂ എത്ര ജന്മവുമായിട്ട് ആ രൂപത്തിനെ ധ്യാനിച്ചിട്ടുണ്ടോ ആവോ ആർക്കറിയാം എത്രയോ ജന്മങ്ങളായി ധ്യാനിച്ചതിന്റെ ധ്യാന ബലമായിരിക്കാം ഭഗവാൻ മുമ്പില് പ്രത്യക്ഷമായിട്ട് ഫിസിക്കൽ ഫോമില് മുമ്പില് പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ കളിക്കലും വർത്തമാനം പറയലും അപ്പൊ നാമദേവന് വിട്ടൽ സഹജമായിത്തീർന്നു തന്റേതായിത്തീർന്നു ഒരു വയസ്സെത്തിയപ്പോ നാമദേവന് മനസ്സിലായി തനിക്ക് മാത്രമേ ഈ അനുഭവം ഏർപ്പെടുന്നുള്ളൂ എന്നാണ് വേറെ ആർക്കല്ല അപ്പൊ ഇതിന്റെ ഒരു വൈഭവവും അല്പമൊന്നു തോന്നി ആഹാ ഭഗവാൻ എനിക്ക് വശപ്പെട്ടു ഇതിന് സൗഭഗമതം എന്നാണ് ഭാഗവതം പറയുക സൗഭകമതം അതായത് എനിക്ക് കിട്ടിയെന്ന് തോന്നിയാ ഭഗവാൻ മറഞ്ഞുപോകും ഗോപസ്ത്രീകൾക്ക് ഞങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നിയതും കൃഷ്ണൻ മറഞ്ഞുപോയി നാമദേവൻ എനിക്ക് കിട്ടി എന്ന് തോന്നിയപ്പോ മറഞ്ഞുപോയില്ല വിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നാമദേവനോട് പറഞ്ഞു നാമദേവനോട് പറഞ്ഞു ഇത്ര കാലമായി എന്റെ കൂടെ നീ കളിക്കുന്നു വർത്തമാനം പറയുന്നു എന്റെ ഭക്തന്മാരായിട്ട് കുറെ പേരിവിടെ ഉണ്ട് ജ്ഞാനേശ്വരൻ എന്ന് പറഞ്ഞൊരു ഭക്തനുണ്ട് അവൻ എപ്പോഴും എന്നെക്കുറിച്ച് പറയും എന്നെയേ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു അവൻ വേറെയല്ല ഞാൻ വേറെയല്ല ആ ജ്ഞാനേശ്വരനെ ചെന്ന് കാണുക അവരുടെ നീ കുറച്ചു കാലം ജീവിക്കണം അവരുടെ സംഘം നിനക്ക് കിട്ടണം അപ്പൊ നാമദേവൻ ജ്ഞാനേശ്വരനെ അന്വേഷിച്ച് ചെന്നു ജ്ഞാനേശ്വരൻ ആ സമയം ജ്ഞാനേശ്വരി ഗീതാഭാഷ്യം എഴുതി ദിവസം ഭഗവത്ഗീത പറയും നാമദേവൻ ചെന്നിരിക്കും നാമദേവന് ഒരു ഉത്സാഹവും എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം ബ്രഹ്മം ആത്മ പുരുഷൻ പ്രകൃതി ചിത്ത് ജഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നാമദേവന് ഒരു ഉത്സാഹവും ഇല്ല നാമദേവന് വിട്ടൽ മുമ്പിൽ കൃഷ്ണൻ മുമ്പിൽ വന്ന് കളിക്കുന്ന രസം ഇദ്ദേഹം ആത്മാ ബ്രഹ്മം എന്ന് പറയണതൊന്നും ഇഷ്ടമാവണില്ല മാത്രമല്ല ഇവർക്കാർക്കും ഈ കൃഷ്ണ കിട്ടിയിട്ടില്ല എനിക്കാണ് കൃഷ്ണ ദർശനം കൃഷ്ണൻ എന്റെ മുമ്പിൽ വന്ന് കളിക്കുന്നു അപ്പൊ ജ്ഞാനേശ്വരന്റെ ഏട്ടനുണ്ട് നിവൃത്തിനാഥു നിവൃത്തി സാധു നിവൃത്തിനാഥ് ഈതാ പ്രഭാഷണം നടക്കുമ്പോ അദ്ദേഹം ശില പോലെ ഇരിക്കും അത്രേ നാമദേവൻ വിചാരിക്കുക ഇവർക്കൊരു ഭാവവുമില്ല ഒന്നുമില്ല ശില പോലെ ഇരിക്കുന്ന ഒരു ഏട്ടൻ വെറുതെ വരട്ട് വേദാന്തം പറയുന്ന ഒരു അനിയൻ അതിന്റെ ചോട്ടില് സോപാനദേവൻ എന്നൊരു അനുജൻ അതിന് ചോട്ടിൽ ഒരു ചെറിയ പെൺകുട്ടി മുക്താഭായ് ജ്ഞാനേശ്വരന്റെ പ്രഭാഷണം കേൾക്കാൻ വരുന്നവരുടെ കൂട്ടത്തിൽ ഒരു കുലാലൻ മണ്ണ് കൊടവുണ്ടാക്കുന്ന ആള് ചട്ടിയും കുടവും പാനയും ഒക്കെ ഉണ്ടാക്കുന്ന ആള് അദ്ദേഹത്തിന്റെ പേര് ഗോരാകുംബർ ഈ ഭക്തന്മാരൊക്കെ കൂടി ഗീത പറയും കേൾക്കും അത് കഴിഞ്ഞാൽ സങ്കീർത്തനം ചെയ്യും ഭജന ചെയ്യും ഇങ്ങനെ കൂടും ഓരോരു ദിവസം ഓരോ ഭക്തന്മാരുടെ വീട്ടിലെല്ലാ ഭക്തന്മാരും കൂടും അങ്ങനെ ഒരു സമയം നാമദേവൻ ഇവരുടെ നടുവിൽ ഏതോ വിട്ടൽ പറഞ്ഞതുകൊണ്ട് ഇവരുടെ കൂടെ കൂടിയെന്നല്ലാതെ താനങ്ങനെ മാറി നിൽക്കും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഗോരാകുംബരുടെ വീട്ടില് എല്ലാവർക്കും ഭോജനമാണ് എല്ലാവരും ഊണ് കഴിക്കുമ്പോ ഇയാൾക്ക് ചട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇയാൾ ഒരു കോല് ഒരു കോല് ഇത്ര നീളമുള്ള കോല് ആ കോല് കൊണ്ട് ഓരോ ചട്ടിയുടെ മണ്ടയ്ക്കും ഓരോ കിഴുക്ക് കൊടുക്കും അത് മൂത്തിട്ടുണ്ടോന്നറിയാം മൂത്തിട്ടില്ലെങ്കിൽ അത് പൊട്ടും അതിന് ഗോരാകുംബരുടെ കയ്യിലുള്ള കോല് ഒരു കോലുണ്ട് ഒരൊക്കെ പരമഭക്തന്മാരാണ് ഗോരാകുബർക്ക് സമാധി അവസ്ഥയിൽ അദ്ദേഹം മണ്ണ് ചവിട്ടി കുഴയ്ക്കുമ്പോ ഉം ബാഹ്യപ്രജ്ഞയില്ലാതെ ചവിട്ടി ചവിട്ടി അദ്ദേഹത്തിന്റെ കൊച്ചു കുട്ടി ആ മണ്ണിന്റെ ഇടയിൽ പെട്ട് കാലിന്റെ ഇടയിൽ പെട്ട് മരിച്ചുപോയി എന്നിട്ട് പോലും അറിഞ്ഞില്ല അത്തരത്തിലുള്ള ഭാവസ്ഥിതി വീണ്ടും ഭഗവാൻ അവരെ പരീക്ഷിച്ചു വീണ്ടും ആ കുട്ടി കിട്ടി എന്നൊക്കെയാണ് കഥ ഇതൊക്കെ സംഭവിക്കുവോ എന്നൊന്നും ചിന്തിക്കരുത് സർവാശ്ചര്യമയേ കിമാശ്ചര്യം ഭാഗവതത്തില് ഭഗവാൻ സർവശക്തനാണ് സർവജ്ഞനാണെന്ന് അംഗീകരിക്കുകയാണെങ്കിൽ അസാധ്യം ഒന്നുമില്ല മായയിൽ എന്തും സംഭവിക്കാം ഇനിയിപ്പോ വേദാന്ത വിചാരപ്രകാരമാണെങ്കിൽ മായയിൽ എന്തും സംഭവിക്കാം അഘടിതഘടനാ പടിയ സി ഭഗവാന്റെ ഇന്ദ്രജാല പ്രകടനം അല്ലേ ഈ പ്രപഞ്ചം അപ്പൊ ഈ ഭക്തന്മാരൊക്കെ കൂടിയിരിക്കുന്ന സന്ദർഭത്തില് ജ്ഞാനേശ്വരൻ ഗോരാകുംബരോട് പറഞ്ഞു ഈ ഭക്തന്മാരൊക്കെ ഓരോ പാന ചട്ടി നിങ്ങൾ ആ കോല് കൊണ്ട് ഒരു കിഴുക്ക് കൊടുക്കും എല്ലാവർക്കും ആരാ മൂത്തിട്ടുള്ളത് ആരാ മൂക്കാത്തത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോ ഗോരാകുംബർ ആ ചെറിയ ആ കോലെടുത്തോണ്ട് ഓരോരുത്തരുടെ തലയ്ക്കും കിഴക്കുമ്പോൾ ഓരോരുത്തരും നാരായണഹരി എന്ന് പറഞ്ഞു രാമകൃഷ്ണ ഹരി എന്ന് പറഞ്ഞ് നമസ്കരിക്കൂ നാമദേവന്റെ തലക്ക് കിഴക്കാൻ വന്നപ്പോ അദ്ദേഹത്തിന് ഏൽക്കാൻ വയ്യ ഈ കൊശവൻ എന്റെ തലയിൽ കിഴക്കിയിട്ട് ഞാൻ ഏൽക്കുകയെ എന്ന് പറഞ്ഞ് മാറി ഒരാ കുമ്പർ അടുത്ത ആളിലേക്ക് പോയി എല്ലാം കഴിഞ്ഞിട്ട് ജ്ഞാനേശ്വരനോട് പറഞ്ഞു ഇവിടെ ഒരു ചട്ടി മാത്രം മൂത്തിട്ടില്ല ഈ നാമദേവൻ മാത്രം മൂത്തിട്ടില്ല എന്ന പക്വമായിട്ടില്ല വല്ലാതെ വിഷമം തോന്നി അവിടുന്ന് എഴുന്നേറ്റു പോയി വിട്ടലിന്റെ മുമ്പിൽ ചെന്ന് കരഞ്ഞു എന്നെ നീ അപമാനപ്പെടുത്തിയല്ലോ വിട്ടല്ലാണ് ചീത്ത മുഴുവൻ കൃഷ്ണനാണ് ചീത്ത മുഴുവൻ ചീത്ത ഓർഞ്ഞു എന്നെ അപമാനിച്ചുവല്ലോ തന്റെ വാക്ക് കേട്ട് ഞാൻ ആ ഭക്തന്മാരുടെ കൂടെ കൂടി അവരൊക്കെ കൂടെ എന്നെ അപമാനിച്ചു കൃഷ്ണൻ മുമ്പിൽ വന്നു കൃഷ്ണൻ പറഞ്ഞു എന്തിനാ അപമാനിച്ചു എന്ന് ധരിക്കണത് അവരെന്ത് പറഞ്ഞു അവര് പറഞ്ഞു ഞാൻ മൂത്തിട്ടില്ലാന്ന് പറഞ്ഞു അപ്പൊ കൃഷ്ണൻ ചോദിച്ചു സത്യം പറഞ്ഞ എന്തിനാ ഹോയ് ദേശീയപണ്ണാത ഏ നീയും അവരുടെ കൂടെ കൂടിയിട്ട് സത്യമാണെന്നാണോ പറയണ കൃഷ്ണൻ പറഞ്ഞു അതെ എനിക്ക് തന്നെ മുമ്പിൽ കാണാം തന്റെ കൂടെ ഞാൻ കളിക്കും ഇതിനു മേലെ എന്ത് സിദ്ധിയാ കിട്ടാനുള്ളത് ഇത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ അപ്പൊ കൃഷ്ണൻ ചോദിച്ചു ഇത്രകാലം നീ ആ ഭക്തന്മാരുടെ കൂടെ ഉണ്ടായിരുന്നുവല്ലോ അല്ലെ അവരാരെങ്കിലും തനിക്ക് കിട്ടിയിട്ടുള്ള ഈ സൗഭാഗ്യത്തിനെ അസൂയപ്പെടുകയോ അഥവാ അന്വേഷിക്കുകയോ അഥവാ ഇത് ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്ന് ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടോ തൻ്റെ അടുത്ത് നാമദേവൻ പറഞ്ഞു ഇല്ല അതാണ് ഞാൻ എപ്പോഴും ആശ്ചര്യപ്പെടാറുള്ളത് ഇവരാരും എന്നോട് എന്താ ഞങ്ങൾക്ക് കൃഷ്ണനെ കാണാത്തത് ഞങ്ങൾക്ക് എങ്ങനെ കൃഷ്ണനെ കാണും എന്ന് ചോദിച്ചിട്ടേ ഇല്ല പലപ്പോഴും ധരിച്ചിട്ടുണ്ട് ഇവർ ഒരിക്കലെങ്കിലും എന്നോട് ചോദിക്കില്ലേ നിങ്ങൾക്ക് മാത്രം എങ്ങനെ കൃഷ്ണ ദർശനം കിട്ടി ഞങ്ങൾക്ക് എന്താ കിട്ടാത്തതെന്ന് എന്താ ഇവർ ചോദിക്കാത്തത് അന്വേഷിക്കാത്തതെന്ന് കൃഷ്ണൻ പറഞ്ഞു അതിന് കാരണം ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ കാണണമെങ്കിൽ തന്റെ വീട്ടിലേക്ക് വരണം തനിക്ക് എന്നെ കാണണമെങ്കിൽ അമ്പലത്തിൽ വന്ന് എന്നെ കാണണം ഇപ്പൊ നമ്മളുടെ ബന്ധം അങ്ങനെയാണ് ഇതിനേക്കാൾ ഉയർന്ന ഒരു ബന്ധമുണ്ട് ഒരു സ്ഥിതി ഉണ്ട് അതറിയണമെങ്കിൽ ഒരു സദ്ഗുരുവിനെ നീ പ്രാപിക്കണം ഒരു ഗുരുവിന്റെ സമ്പർക്കം ഏർപ്പെടും നാമദേവൻ പറഞ്ഞു അതെ അതെ പണ്ട് അർജുനന് നീ ഉപദേശിച്ചില്ലേ ഉദ്ധവർക്ക് ഉപദേശിച്ചില്ലേ അതുപോലെ എനിക്കുപദേശിക്കൂ ഞാൻ ഉപദേശിച്ചാ ഏൽക്കില്ല കൃഷ്ണൻ പറഞ്ഞു ഞാൻ ഉപദേശിച്ച ഏൽക്കില്ല ഏ എന്താ ഞാൻ ഉപദേശിച്ചാൽ ഏൽക്കണമെങ്കിൽ ഉദ്ധവർക്ക് എന്നോട് എന്തു ഭാവവും ആ ഭാവം തനിക്ക് വരണം അർജുനൻ ഏതൊരു ഭാവത്തില് ഷാധിമാം ത്വാം പ്രപന്നം എന്ന് ചോദിച്ചു അതുപോലെ ചോദിക്കണം തനിക്ക് ഞാൻ കളിക്കൂട്ടുകാരനാണ് കളിക്കൂട്ടുകാരനായിട്ട് കരുതിയാൽ ഞാൻ കളിക്കാൻ വരും അച്ഛനോ അമ്മയോ ആയിട്ട് ഞാൻ ആ ഭാവത്തിൽ വരും എപ്പോ എന്നോട് ഗുരു എന്നുള്ള ഭാവം ഏർപ്പെടുന്നുവോ അപ്പോഴേ ഞാൻ ഉപദേശിച്ചാൽ ഫലിക്കുള്ളൂ അതുകൊണ്ട് ഈ രൂപത്തിൽ ഇപ്പൊ തനിക്ക് ഉപദേശിച്ചാൽ ഫലിക്കില്ല അതുകൊണ്ട് ഒരു ഗുരുവിനെ ഞാൻ പറഞ്ഞുതരാം അവിടെ ചെന്ന് കാണുക നോക്കണം നമ്മൾ ഏത് മൂർത്തിയോട് ഭക്തി ചെയ്തുവോ ആ മൂർത്തി തന്നെ നമ്മളെ ഒരു സദ്ഗുരുവിന്റെ അടുത്തേക്ക് അയക്കും രാമകൃഷ്ണ പരമഹംസർ ദക്ഷിണേശ്വരത്ത് കാളിയെ ആരാധിച്ചു ഓരോരുത്തരായിട്ട് അദ്ദേഹത്തിന് വഴി കാണിക്കാൻ ഗുരുക്കന്മാർ ഓരോ സ്റ്റേജില് ഓരോ തരത്തിലുള്ളവർ അവർ വരുമ്പോഴൊക്കെ കാളിയുടെ മൂർത്തിയുടെ അടുത്ത് ചെന്ന് ചോദിക്കും അവിടുന്ന് അദ്ദേഹത്തിന് മറുപടി കിട്ടും എന്നാണ് ഞാൻ തന്നെ അവരെ ഇങ്ങോട്ട് വിട്ടൽ മുമ്പിൽ വന്ന് കളിച്ചു എന്ന് വെച്ചാൽ എന്താ അവനവന്റെ ഹൃദയത്തില് ഉള്ള ആ ബോധ ചൈതന്യം തന്നെയാണ് പുറമേക്ക് രൂപം ധരിച്ചു വന്ന് കളിക്കണതേ ആ ചൈതന്യം തന്നെ ഇപ്പോ നാമദേവനെ നാഗനാഥ ക്ഷേത്രത്തിലേക്ക് അയച്ചു അഞ്ച് ജ്യോതിർലിംഗങ്ങളുണ്ട് നമ്മളുടെ ഇന്ത്യയില് കേദാർനാഥ് തൊട്ട് രാമേശ്വരം വരെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുണ്ട് പന്ത്രണ്ട് ജ്യോതിർലിംഗം കേദർനാഥ് ഒരു ജ്യോതിർലിംഗം കാശി ഒരു ജ്യോതിർലിംഗം മഹാരാഷ്ട്രത്തിലെ അഞ്ച് ജ്യോതിർലിംഗം കൃഷ്ണേശ്വർ നാഗനാഥം ഇങ്ങനെ അഞ്ച് ജ്യോതിർലിംഗം ഗുജറാത്തില് ഒരു ജ്യോതിർലിംഗം തമിഴ്നാട്ടില് രാമേശ്വരം ആന്ധ്രാപ്രദേശിലെ ഒരു ജ്യോതിർലിംഗം യു മധ്യപ്രദേശില് രണ്ട് ജ്യോതിർലിംഗം മഹാകാലവും ഓംകാരേശ്വരും മഹാരാഷ്ട്രത്തില് മാത്രം അഞ്ചു ജ്യോതിർലിംഗമുണ്ട് അതുകൊണ്ടാണ് അതിന് മഹാരാഷ്ട്രം എന്നു പേര് ബാക്കിയൊക്കെ ചോട്ടാരാഷ്ട്രം ചെറിയ രാഷ്ട്രം അവിടെ അഞ്ച് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് നാഗനാഥ ക്ഷേത്രം ആ നാഗനാഥ ക്ഷേത്രത്തിലേക്ക് വിട്ടൽ പറഞ്ഞേച്ചു അദ്ദേഹത്തിന് നാമദേവനെ നാമദേവൻ അവിടെ ചെല്ലുമ്പോ അവിടെ ആരുല്ല അമ്പലമൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന സമയം ഒരു കൗബീരമാത്രധാരിയായിട്ട് ഒരാള് ഭ്രാന്തനെ പോലെ കിടപ്പുണ്ട് അമ്പലത്തില് അയാള് അയാളെ നോക്കിയപ്പോ നാമദേവന് ദേഷ്യം വന്നു എന്താന്ന് വെച്ചാൽ അയാള് ഒരു കാലെടുത്ത് ശിവലിംഗത്തിന്റെ മേലെ വെച്ചോണ്ടാ കിടപ്പ് നാമദേവൻ ചെന്ന് വിളിച്ചു ഏയ് എന്ന് വിളിച്ചു അദ്ദേഹം ഉറങ്ങണ പോലെ കിടക്കുകയാണ് ഏയ് അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയതും നാമദേവനെ കണ്ടിട്ട് വിട്ടൽ പറഞ്ഞിട്ട് വരികയാണല്ലേ നാമദേവൻ എന്നല്ലേ പേരെന്ന് ഇതാ ഫോൺ ചെയ്യണ കാലമാണോ അപ്പൊ ഇദ്ദേഹം ആ മനസ്സിലായി നാമദേവൻ നമസ്കരിച്ചു നമസ്കരിച്ചിട്ട് അദ്ദേഹത്തിന് വിഠോബ കേച്ചരി എന്നാണ് പേര് വിഠോബാക്കേച്ചരിയോട് നാമദേവൻ പറഞ്ഞു അങ്ങ് വലിയ യോഗിയാണെന്ന് കണ്ടാ തോന്നുന്നു പക്ഷെ ഈ കാല് ശിവലിംഗത്തിന്റെ മേലെ എടുത്തു വെച്ചുകൊണ്ടാണല്ലോ കിടപ്പാല് ശിവലിംഗത്തിന്റെ മേലെയാ വെച്ചിരിക്കണത് എനിക്ക് അറിഞ്ഞില്ലാട്ടോ കണ്ണും കാണാൻ വയ്യ ഏതോ ഒരു സ്ഥാനം സൗകര്യമായിട്ട് കിട്ടി എന്ന് വന്ന് കാലെടുത്ത് വെച്ചതാ ഒരു കാര്യം ചെയ്യൂ ആ കാല് അവിടെ നിന്ന് എടുത്ത് ശിവലിംഗമില്ലാത്ത സ്ഥലത്ത് ഒന്ന് വെക്കും പറഞ്ഞത് തന്നെ അടിക്കേണ്ടതാണോ ഉള്ളില് അല്ലെ ശിവൻ ഇല്ലാത്ത സ്ഥലത്തെടുത്ത് നാമദേവൻ ആ കാലെടുത്ത് മാറ്റിവെച്ചു വെച്ച സ്ഥലത്തൊരു ശിവലിംഗം ഉണ്ടായി അത്ര നാമദേവൻ എവിടെയൊക്കെ ആ പാദം എടുത്തു വെച്ചു അവിടെയൊക്കെ ഒരു ശിവലിംഗം ആവിർഭവിച്ചു എന്നാണ് അവസാനം ആ ഗുരുവിന്റെ രണ്ടു പാദങ്ങളും ഗ്രഹിച്ച് തന്റെ ശിരസിൽ വെച്ച് താനെ ശിവസ്വരൂപമായി തീർന്നു എന്നാണ് എന്നുവെച്ചാൽ നാമദേവന് ജ്ഞാനപ്രകാശമുണ്ടായി നാമദേവന്റെ പാട്ടുകളിലെ രണ്ടു ഭാഗമായിട്ട് പിരിക്കാം ഈ ഗുരുവിനെ കാണുന്നതിനു മുമ്പ് പാടിയ പാട്ടുകള് വിഠോബാ കേച്ചരിയെ കണ്ട ശേഷം പാടിയ പാട്ട് കണ്ട ശേഷം നാമദേവൻ പറയുന്നു ജഗത്ത് മുഴുവൻ വാസുദേവ സ്വരൂപം കാണുന്നതൊക്കെ ബ്രഹ്മസ്വരൂപം ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല ഒരു അഭംഗത്തിൽ നാമദേവൻ പറയുന്നു ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ഞാൻ മരണത്തിന്റെ രുചി അറിഞ്ഞു എന്നാണ് ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ഞാൻ ശരീരമില്ലാത്തവനായിട്ട് തീർന്നു ഞാൻ ദേഹത്തിലിരിക്കുമ്പോ തന്നെ ഹൃദയസ്ഥാനത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന അമൃതം കുടിച്ചു അമൃതാനുഭവം നേടിയെടുത്തു എനിക്ക് മരണം ഇനിയില്ല മരണം എന്നെ സ്പർശിക്കില്ല എനിക്ക് കാണുന്നതൊക്കെ വാസുദേവ സ്വരൂപം കാണുന്നതൊക്കെ കൃഷ്ണസ്വരൂപമായിട്ട് തീർന്നു ജാഗ്രതീ സ്വപ്നീ പാണ്ഡുരംഗൻ എനിക്ക് സ്വപ്നത്തിലും ജാഗ്രതത്തിലും പാണ്ഡുരംഗെന്നാണ് കാണുന്നതൊക്കെ പാണ്ഡുരംഗൻ സ്വപ്നത്തിലും പാണ്ഡുരംഗൻ ജാഗ്രത്തിലും പാണ്ഡുരംഗൻ സുഷുപ്തിയിലും പാണ്ഡുരംഗൻ എല്ലാ അവസ്ഥയിലും ഞാൻ ഭഗവാനെ കാണുന്നു ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല ഈ കാണപ്പെടുന്ന പ്രപഞ്ചം ശുദ്ധ ബോധസ്വരൂപമായ ആ ചൈതന്യത്തില് ബ്രഹ്മത്തില് നാമരൂപ ആരോപണമാണ് പ്രപഞ്ചം പ്രപഞ്ചം എന്ന് നമ്മൾ എന്തിനെ പറയുന്നു അത് ഭഗവാന്റെ തന്നെ മറ്റൊരു സ്വരൂപം വിശ്വം വിഷ്ണുർ വഷട്ട നാമമേ വിശ്വം എന്നാണ് വിശ്വം ഭഗവാനാണ് ഭഗവാനല്ലാതെ ഇവിടെ മറ്റൊരു വസ്തു കാണുന്നതൊക്കെ ഭഗവത് സ്വരൂപം ഈശ്വരനിൽ കുതിർന്നു നിൽക്കുന്നതായിട്ട് കണ്ടു എന്നാണ് മുഴുവൻ ഈശ്വരനിൽ അന്യമായിട്ട് ഒരു ജീവ അഹന്ത അഹങ്കാരമില്ലാതായിട്ട് തീർന്നു സർവം खलु इद्रे ब्रह्म आन अनुव नाम इंद विठल प्रत्येक मूबिल वरणी विठल मूबिल वरण सर्वभूत ये भगवदावन भूतानी भगवती आत्मी एष भागवतोत्तम इनमें रूपध्यान परमात्माुभ चुके ഭഗവാനെ ഏതോ ഒരു രൂപത്തിൽ ധ്യാനിച്ച പ്രബലമായ ധ്യാനശക്തി മൂലം ആ ധ്യാനിച്ച മൂർത്തി തന്നെ സദ്ഗുരുവായി നിന്ന് ആത്മതത്വം ഉപദേശിച്ചു അപ്പൊ ഭക്തി ജ്ഞാനത്തിൽ കൊണ്ട് ചെന്നാക്കും ജ്ഞാന അനുഭവം പരാഭക്തിയിൽ ഭഗവത് അനുഭവം നിരന്തരമായ ഭഗവത് അനുഭൂതി ഇതാണ് എല്ലാ അധ്യാത്മസാധനയുടെയും ലക്ഷ്യം അപ്പൊ അധ്യാത്മസാധന ആരംഭിക്കുമ്പോ ആരംഭപടി സത്സംഗം സത്സംഗത്തിൽ നിന്നും ഭഗവത്ഗുണശ്രവണം അടുത്തപടി എന്താണ് ഏകാന്തത്തിലിരുന്ന് ധ്യാനം ഏകാന്തേ സുഖമാസ്യതാം പരതരെ ചേതസമാധീയതാം ഏകാന്തം ആർക്ക് ഏകാന്തം ആർക്ക് ഇന്ദ്രിയ നിഗ്രഹമുണ്ടോ പുറം വിഷയങ്ങളിൽ ഒന്നും രുചിയില്ലയോ അവർക്ക് ഏകാന്തത്തിലിരുന്നാൽ ധ്യാനിക്കാൻ പറ്റും അപ്പോ ആ ധ്യാനം ബലപ്പെടുമ്പോ ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിക്കും നമ്മൾ ഏതെങ്കിലും ഒരു നാമം ജപിക്കുന്നു ജപം കൊണ്ട് തന്നെ ഭഗവത് സാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം നേടാം ജപം കൊണ്ട് ഏതെങ്കിലും ഒരു നാമം ഏകാന്തത്തിലിരുന്ന് നമുക്ക് മറ്റ് ധ്യാനം ഒന്നും ചെയ്യാൻ വയ്യെങ്കിലും ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റിരുന്ന് നിശബ്ദമായ ഒരു സ്ഥലത്തിരുന്ന് ഒരു മണിക്കൂർ നേരം നമ്മൾ നാമം ജപിക്കുകയാണെങ്കിൽ ആരെയും അറിയിക്കേണ്ട ആവശ്യമില്ല മനസ്സുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ പിന്നീട് എന്ത് കാര്യം ചെയ്യുമ്പോഴും കർമ്മം ചെയ്യുമ്പോഴും ഈ ആരംഭത്തിൽ നമ്മൾ തുടങ്ങി വെച്ച ആ ധാര പുറകെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു കറണ്ട് അതിങ്ങനെ പുറകെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതേപോലെ ആത്മവിചാരം ചെയ്യുകയാണെങ്കിലും അത് പുറകെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പൊ ഏകാന്ത സ്ഥാനം ശുദ്ധമായൊരു സ്ഥാനം അതുകൊണ്ട് ഭക്തന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്ന വഴി എന്താ ദിവ്യക്ഷേത്രങ്ങൾ ശുചൌദേശയെ പ്രതിഷ്ഠാപ്യ എന്ന് ഇന്നലെ പറഞ്ഞുവല്ലോ സംഗമേശ്വരന്റെ സന്നിധ്യം ഉണ്ടല്ലോ നമുക്ക് ഭഗവാനെ പിടിച്ചാ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് ഏകാന്തത്തിലിരുന്ന് ധ്യാനിക്കുക ന അത്യുഛരിതം ന അതിനീചം ചൈലാചിനശോത്തരം ഏകാഗ്രം മനഃകൃത്വ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് യോഗം അനുഷ്ഠിക്കണം ആത്മവിചാരം ചെയ്യണം നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കുന്നു ക്രമേണ ഒരു സ്ഥിതി എത്തുമ്പോൾ നമ്മളുടെ മുമ്പിൽ ആ രൂപവും ഇപ്പൊ നാമദേവന്റെ കാര്യത്തിൽ നടന്ന പോലെ രൂപവും മറിഞ്ഞു പോയി ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവും ഈ ധ്യാനിക്കുന്ന ഞാൻ ആരാ ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കണു ആ രൂപം വരും പോകും പക്ഷെ ഞാൻ എപ്പോഴും ഉണ്ടല്ലോ ഈ ഞാൻ ആരാണ് ഈ ദിവ്യരൂപത്തിനെ ധ്യാനിക്കുന്നവനായിട്ടുള്ള ഈ ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണെന്നുള്ള ചോദ്യം ഉണ്ടാവും അത് യോഗസ്ഥിതിയിൽ കൊണ്ടുചെന്ന് നിർത്തും നമ്മളെ അപ്പോ ധ്യാനം ഭഗവാനെ അനുസന്ധാനമാണ് ധ്യാനം ആ ധ്യാനത്തിനുള്ള ബാഹ്യ ചിട്ടകളൊക്കെയാണ് ഭഗവാൻ ഇപ്പൊ നമുക്ക് പറഞ്ഞു തരുന്നത് ഏകാന്ത സ്ഥാനത്തിൽ ശുദ്ധമായ സ്ഥാനത്ത് ഇരിക്കുന്നു അവിടെ ഇരുന്ന് എങ്ങനെ ധ്യാനിക്കണം അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയണത് നോക്കാം സമം കായശിരോ ഗ്രീവം ധാരയങ് അചലം സ്ഥിര ഗ്രം സ്വം ദിശ അനവലോകയൻ ധ്യാനിക്കുമ്പോ സമം കാശിരോ ഗഗ്രീവം കായം എന്ന് വെച്ചാൽ ശരീരം ശരീരം സമം ചലിക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് റിജുവായിട്ട് നിൽക്കുക ആ ശരീരം നിൽക്കുന്ന പോലെ തന്നെ ഗ്രീവം കഴുത്ത് ശിരസ് ഇതൊക്കെ ഒരേ തടിയായിട്ട് നിൽക്കണം ഉറക്കം തൂങ്ങിക്കൊണ്ട് ധ്യാനിക്കാൻ പാടില്ല ഏകാന്തത്തില് സമം കായ ശിരോ ധാരയൻ അച്ചലം സ്ഥിരം ചലിക്കാതെ ഇരിക്കുക അതൊക്കെ യഥാർത്ഥത്തില് ഉള്ളില് ധ്യാനം ഏർപ്പെടുമ്പോ തനിയെ സംഭവിക്കും പുറമേക്ക് എങ്ങനെയൊക്കെ ഇരുന്നിട്ട് ആളുകൾക്ക് ശ്രമിക്കും ചിലപ്പോ നമുക്ക് അഭ്യാസത്തിന്റെ പടിയാണിപ്പോ പറയണതേ നമുക്ക് അഭ്യാസത്തില് മനസ്സ് ഏകാഗ്രപ്പെടുമ്പോ ശരീരം നിശ്ചലമാവും സ്ട്രെയ്റ്റ് ആയിട്ടിരിക്കും ഋജുവായിട്ടിരിക്കും അതേപോലെ ശരീരത്തിന് ഋജുവായി നിർത്തി ചലിക്കാതെ വെച്ചാൽ മനസ്സേകാഗ്രപ്പെടാനും ഒരു വഴിതെളിക്കും അതുകൊണ്ടാണ് ശരീരത്തിനെ ചലിക്കാതെ ഇരുത്തണം കഴുത്തും തലയും ഒക്കെ ഒറ്റ ഒരു ഋജുവായിട്ട് ഇരുത്തണം എന്ന് പറഞ്ഞു അചലം ചലിക്കാതെ എന്നിട്ടോ സംപ്രേക്ഷ്യ നാസികാഗ്രം ഇവിടെയാണോ കുഴപ്പം മൂക്കിന്റെ അറ്റത്ത് നോക്കുക എന്നാണ് നമ്മൾ എന്തിനെ ോക്കുന്നു അത് നമ്മളുടെ മുമ്പിൽ വരും അല്ലെ ഭഗവാനെ നോക്കിയാൽ ഭഗവാൻ പ്രകാശിക്കും മൂക്കിന്റെ അറ്റത്ത് നോക്കിയാലോ മൂക്ക് കാണും നല്ല വലിയൊരു മൂക്ക് നമുക്ക് കിട്ടും മൂക്കിന്റെ സാക്ഷാത്കാരം ഉണ്ടാവും മൂക്കിന്റെ അറ്റത്ത് നോക്കിയാൽ അപ്പോ മൂക്കിന്റെ അറ്റത്ത് നോക്കുക എന്ന് പറഞ്ഞ അടുത്ത് ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചു അവിടെ ഇവ എന്നൊരു പദലോപം ഉണ്ടെന്ന് അവര് ദൃഷ്ടി അന്തർമുഖമാവുമ്പോ മൂക്കിന്റെ അറ്റത്ത് ശ്രദ്ധിക്കുന്ന പോലെ ഉണ്ടാവും അല്ലാതെ ഗുരുവിന്റെ മധ്യത്തിലോ മൂക്കിന്റെ അറ്റത്തോ അല്ല ശ്രദ്ധ ശ്രദ്ധ ആത്മാവിലാണ് ആത്മാവിനെ ധ്യാനിച്ചാൽ ആത്മാവ് പ്രകാശിക്കും മൂക്കിനെ ധ്യാനിച്ചാൽ മൂക്ക് പ്രകാശിക്കും അപ്പൊ ഏതാ വേണ്ടത് നമ്മൾ നിശ്ചയിക്കണം അപ്പോ നാസികാഗ്രം എന്ന് പറയുന്നത് നാസികാഗ്രഹമല്ല നാസികാഗ്രഹത്തിൽ എന്ന ഇവ ദൃഷ്ടി എവിടെയാ അനുഭവത്തിലാണ് നമ്മളുടെ കേന്ദ്രസ്ഥാനം അതാണ് അവിടെ അല്ലാതെ ഒരു ധ്യാനവും നമുക്ക് സാധ്യമല്ല വേദാന്ത മഹാവാക്യങ്ങളൊക്കെ അതാണ് കാണിച്ചു തരുന്നത് ഈശ്വരന്റെ ലക്ഷണം എന്താണ് എന്നുവെച്ചാൽ പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനമാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം ആ ബ്രഹ്മത്തിനെ നമ്മൾ എവിടെ അന്വേഷിക്കണം അഹം ബ്രഹ്മാസ്മി ഈ അഹം അഹം എന്നുള്ള അനുഭവത്തിൽ വേണം പ്രജ്ഞാനസ്വരൂപമായി ബ്രഹ്മത്തിനെ അന്വേഷിക്കാൻ ഞാനുണ്ട് ഞാനുണ്ട് ഞാൻ ഉണ്ട് എന്ന് തോന്നണുണ്ടല്ലോ അതിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്ക പ്രത്യേകിച്ച് ദേഷ്യം വരുമ്പോ അസൂയ വരുമ്പോ ഓക്കെ എനിക്ക് എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടിയില്ല തോന്നുമ്പോ ഈ ഞാൻ എനിക്ക് എനിക്ക് എന്നുള്ള ചലനം ഉണ്ടല്ലോ ആ ചലനത്തിനെ ശ്രദ്ധിച്ചാ മതി ആ ശ്രദ്ധ ശ്രദ്ധ അവിടെ ആവുമ്പോ നമ്മുടെ ശ്രദ്ധ അവിടെ ആവുമ്പോ കാണുന്നവർക്ക് തോന്നും മൂക്കിന്റെ അറ്റത്ത് നോക്കിയിരിക്കണ പോലെ തോന്നും ദൃഷ്ടി അന്തർമുഖമാണ് ചില യോഗികൾ കണ്ണു തുറന്നിരിക്കുന്നത് കണ്ടാൽ ആകാശത്തിൽ നോക്കുകയാണോന്ന് തോന്നും തദ്വിഷ്ണോ സദാ പശ്യ സൂരയ ദിവീവ ചക്ഷുരാതം വേദം പറയുന്നു സൂരയ സൂരികൾ ഋഷികൾ വിഷ്ണോ പരമം പദം സദാ പശ്യം ആ വിഷ്ണുവിന്റെ പരമപദത്തിനെ സദാ കണ്ടുകൊണ്ടിരിക്കണം പക്ഷെ നോക്കണവർക്ക് എങ്ങനെയുണ്ട് അത്രേ ദിവീവചക്ഷുഹു ആകാശത്തിൽ എന്ന പോലെ കാണുന്നവർക്ക് ആകാശം നോക്കിയിരിക്കണ പോലെ തോന്നണം അവരുടെ ദൃഷ്ടിയോ ഹൃദയസ്ഥാനത്തില് വിഷ്ണോഹോ പരമം പദം സദാ പശ്യന്തി അപ്പോ ദൃഷ്ടി ഹൃദയത്തില് ഭഗവത് ആ ദൃഷ്ടി അവിടെ ഏകാഗ്രമായാൽ ദിശ അനവലോകന് പുറമേക്കുള്ള ദിക്കുകളൊന്നും കാണില്ല ഉം അല്ലെങ്കിൽ എന്തോ അവിടെ ഇവിടെ ഒക്കെ നോക്കും രമണ മഹർഷിയുടെ മുമ്പിൽ ഭക്തന്മാരെ സാധുക്കളൊക്കെ ധ്യാനിക്കും മഹർഷി ആ കട്ടിലിരിക്കുന്നുണ്ടാവും അദ്ദേഹത്തിന് സന്നിധിയിൽ തന്നെ യാതൊരു വിഷമവും കൂടാതെ ധ്യാനം സിദ്ധിക്കും ഇപ്പോഴും അങ്ങനെയാണ് ആ സമാധിസ്ഥാനത്തിൽ ചെന്ന് ഇരുന്നാൽ നമുക്ക് തിരക്കില്ലാത്ത സമയമാണെങ്കിൽ തനിയെ മനസ്സടങ്ങും എല്ലാ വൃത്തിവികൽപ്പങ്ങളും അടങ്ങും സഹജമായിട്ട് നടക്കും അത് യാതൊരു വിഷമം കൂടാതെ ജ്ഞാനികളുടെ ലക്ഷണം തന്നെ അതാണ് അപ്പൊ അങ്ങനെ മഹർഷിയുടെ മുമ്പിലിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചിലർ ക്ഷീണിച്ചു ഉറങ്ങും ചിലരങ്ങനെയുണ്ട് രാമകൃഷ്ണ പരമവംസരുടെ ഒരു ശിഷ്യനുണ്ട് അധർചന്ദ്രസേൻ അദ്ദേഹം വലിയ ഓഫീസർ ആയിരുന്നു ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരെത്തു നിന്ന് ഒരു കുതിര വണ്ടിയിൽ രാമകൃഷ്ണ കാണാനായിട്ട് ദക്ഷിണേശ്വരത്തിലേക്ക് വരും ഏകദേശം ദിവസവും വരും അദ്ദേഹം ദിവസവും വന്നിട്ട് രാമകൃഷ്ണദേവൻ പാടും ഉപദേശങ്ങൾ കൊടുക്കും ഇതൊക്കെ നടക്കുമ്പോഴും ഇയാള് രാമകൃഷ്ണദേവന്റെ കട്ടിലിന്റെ ചോട്ടിൽ പായ വിരിച്ചു സുഖമായി കിടന്നുറങ്ങും ഉറങ്ങിയിട്ട് അടുത്ത ദിവസം എണീറ്റ് രാവിലെ എണീറ്റ് വണ്ടിയിൽ പോകും അപ്പൊ ശ്രീരാമകൃഷ്ണദേവൻ പറയും നമ്മൾ എവിടെയുമുണ്ട് കഥകളി കാണാൻ ആളുകൾ വരും വരുമ്പോ തന്നെ പായും കൊണ്ടുവരും പായും കൊണ്ട് വന്നിട്ട് മുമ്പിൽ ഈ തിരശീല പിടിച്ചിട്ട് കുറെ ചണ്ട കൂട്ടുമ്പോഴേക്കും തന്നെ ഉറങ്ങും പിന്നെ കഥകളിയൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് പായം ചുരുട്ടി പോകും അങ്ങനത്തെ ആളുകളെ പോലെ ഇദ്ദേഹം വരണു ഒക്കെ കഴിഞ്ഞിട്ട് പോവുകയും ചെയ്യണു എന്നിട്ട് രാമകൃഷ്ണദേവൻ തന്നെ പറയും അതും അവന് ഗുണം ചെയ്യും എന്നാണ് ലൗകികമായ അന്തരീക്ഷത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കാതെ ഈ സാന്നിധ്യം വേണം പാവം വേറെ ഒന്നും ചെയ്യാൻ വയ്യ പ്രാരബ്ധ ഒരുപാട് സംസാരത്തിന്റെ വിഷമങ്ങൾ ഒരുപാട് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ വയ്യാതിരിക്കുമ്പോഴേക്കും എന്തോ ഗുരു സന്നിധിയിൽ കടന്നുറങ്ങണം എന്തെങ്കിലും തോന്നണുണ്ടല്ലോ വേറെ ഒന്ന് ഇരുന്നാൽ അയാൾക്ക് ഇരിക്കാൻ വയ്യ പകൽ മുഴുവൻ പണിയെടുത്തിട്ടുണ്ട് എന്നാലും വീട്ടിലിച്ച് പോയി കിടക്കാനോ പകരം ഇവിടെ വന്ന് പായു വരിച്ചു കിടക്കണമല്ലോ നല്ലത് അതേപോലെ മഹർഷിയുടെ രമണ മഹർഷിയുടെ മുമ്പിലും ചിലരൊക്കെ ഇങ്ങനെ ധ്യാനിക്കാനിരിക്കണവരിങ്ങനെ ഉറങ്ങും അപ്പൊ ഒരു ഭക്തൻ മൂന്ന് നാല് ദിവസമായി ഒരാളെ ശ്രദ്ധിക്കണോ അയാൾ ഇങ്ങനെ ഉറങ്ങണണ്ട് ഒരു ദിവസം മഹർഷിയുടെ അടുത്ത് ചെന്ന് കാര്യമായിട്ട് പറഞ്ഞു സ്വാമി അയാൾ മൂന്നു നാല് ദിവസമായിട്ട് ഞാൻ നോക്കണു ദിവസം ഉറങ്ങണു നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് മഹർഷി പറഞ്ഞു ഇന്നലെ ഉറങ്ങിയോഷു ഇന്നലെ ഉറങ്ങി മിനിഞ്ഞാന്നോ മിനിഞ്ഞാന്നു ഉറങ്ങി നാല് ദിവസം ആയിട്ട് ഞാൻ ശ്രദ്ധിക്കും അത് ശരി അവൻ പാവം വന്നിട്ട് ഇരുന്ന് ഉറങ്ങിയെങ്കിലും ചെയ്യണു നീ ധ്യാനിക്കാൻ വന്നത് വിട്ടിട്ട് അവൻ ഉറങ്ങണതെന്ന് നോക്കി കാത്തിരുന്നു ഇപ്പം ആരൊക്കെ ഉറങ്ങണു ആരൊക്കെ ധ്യാനിക്കണു ഇത് നോക്കാനാണ് ഇപ്പൊ തൻ്റെ അടുത്ത് ഏൽപ്പിച്ചിരിക്കണത് അല്ലെ അപ്പോ രണ്ടുപേരും വന്നതൊന്നും ചെയ്യാതെ ചുറ്റും എന്തൊക്കെ നടക്കണോ ആരൊക്കെ ഉറങ്ങണോ ആരൊക്കെ എന്തൊക്കെ ചെയ്യണോ ഒക്കെ നോക്കിയിരുന്നു നർത്തം അതാണ് ദൃഷ്ടിയിലൂ കണ്ണിലൂടെ ദൃഷ്ടി പതറും നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഏകാന്തത്തില് ധ്യാനിച്ചിരിക്കുമ്പോ മുമ്പിലൂടെ എന്തെങ്കിലും പോയാൽ ഉള്ളെന്നുള്ള ആ ദൃഷ്ടിശക്തി പുറമേക്ക് ഇങ്ങനെ പുറമേക്ക് തുളും തുളുമ്പും തുളുമ്പിട്ട് നമ്മൾ ശ്രദ്ധിക്കും അപ്പൊ എന്താ മനസ്സ് ഭഗവാനെ ധ്യാനിക്കുന്നതിലോ ജപം ചെയ്യുന്നതിലോ നിൽക്കില്ല ചിലരൊക്കെ ജപം ചെയ്യും മാലയും വെച്ചുകൊണ്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും നാട്ടിലുള്ള സകല കാര്യങ്ങളും അപ്പോൾ ഉള്ളത് മുഴുവൻ അറിയാം എന്തൊക്കെ ഫോണ് വന്നു ആരൊക്കെ എന്തോ വർത്തമാനം പറഞ്ഞു ഉക്കറിയും അതാണ് ദിശ അനവലോകയൻ ചുറ്റും നടക്കുന്നതൊന്നും അറിയാൻ പാടില്ലാന്നാണ് ഒന്നും നോക്കരുത് അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഏകാന്തത്തിൽ ചെന്ന് ഇരിക്കുക ബാക്കിയൊന്നും ശ്രദ്ധിക്കാതിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏകാന്തത്തിൽ ചെന്നിരിക്കുക വിശസ് അനവലോകയൻ പിന്നെയോ പിന്നെ എന്തൊക്കെയാ ലക്ഷണങ്ങള് അതാണ് അടുത്ത ശ്ലോകം പ്രശാന്താത്മാവിഗതഭീരി വ്രേ സ്ഥിത മനസ്സംയച്ചിത്തോ സീതമത്പറ എന്നെ ധ്യാനിക്കണമെങ്കിൽ എങ്ങനെയിരിക്കണം ഭഗവാൻ പറയാണ് ഭഗവാനെ ധ്യാനിക്കുമ്പോ പ്രശാന്താത്മാ പ്രശാന്തമായ മനസ്സോടുകൂടെ ധ്യാനിക്കണം എന്നാണ് ടിവിയില് ഒരു സീരിയൽ കണ്ട ശേഷം പിന്നീട് ഇരുന്ന് ധ്യാനിക്കാൻ പോയാൽ നല്ലവണ്ണം ആ ഭയങ്കരമായ രൂപം മുമ്പില് വരും നമ്മള് ധ്യാനിക്കുന്നതിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ വേണം ധ്യാനിച്ച ശേഷവും ആ ധ്യാനിക്കുമ്പോ ഏർപ്പെട്ട ആ ശാന്തി നല്ലവണ്ണം നമ്മളുടെ ഉള്ളിൽ ഇറങ്ങി അടങ്ങുന്നവരെ കാത്തിരിക്കും അത് ചതറിപ്പോകരുത് പതറി പോകരുത് ചലിച്ചു പോകരുത് അപ്പോ അതിനു മുമ്പ് എന്തൊരു പ്രിപ്പറേഷനാ വേണ്ടത് എന്ന് വച്ചാൽ ഭഗവാൻ പറയണത് ശാന്തം അതുകൊണ്ടാണ് ബ്രാഹ്മ മുഹൂർത്തം പറയണത് നല്ലവണ്ണം ഉറങ്ങിയിട്ട് ം പോയിട്ട് ധ്യാനിക്കണം ഉറക്കം പോകണമെങ്കിൽ അവിടെയൊക്കെയാണ് പ്രശ്നം ഇന്നത്തെ കാലത്ത് ജീവിതം താറുമാറാണ് നമുക്ക് ഉറങ്ങാൻ തന്നെ സമയം വൈകിയാൽ ബ്രാഹ്മുഹൂർത്തത്തിൽ എങ്ങനെ എണീക്കും അല്ലെ നമുക്ക് വയ്യാതാവും ആയുർവേദം പറയണത് അഷ്ടാംഗ ഒരു സ്ഥലത്ത് അത് എഴുണ്ട് ഞാൻ അഷ്ടാംഗ ഹൃദയം പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഈ ഭാഗം കണ്ടു ബ്രാഹ്മ എഴുന്നേൽക്കണം എന്ന് വിധി എന്നിട്ട് അവിടെ തന്നെ വ്യാഖ്യാനം എഴുതി വെച്ചിരിക്കണു തലേദിവസം കഴിച്ച ആഹാരം നല്ലവണ്ണം ജീർണിച്ചിട്ടില്ലെങ്കിൽ എഴുന്നേറ്റാൽ ഒന്നാമത് ഉറക്കം ബാക്കി നിൽക്കും രണ്ടാമത് ആരോഗ്യത്തിന് അത്ര നല്ലതും എന്നാണ് എന്നുവെച്ചാൽ ആഹാരം ഒന്നാമത് കുറച്ച് കഴിക്കണം പിന്നീട് അത് മുഴുവൻ ജീർണിക്കാനാണ് ഈ ഉറക്കമേ ഉറക്കം ശരീരം ജീർണിക്കും ശരീരത്തിലുള്ള ആഹാരം ജീർണിക്കണം അപ്പൊ രാവിലെ എണീറ്റ് നല്ലവണ്ണം ജീർണിച്ച് കഴിഞ്ഞാൽ ഉറക്കമൊന്നും ബാക്കി നിൽക്കൂല്ല നല്ല ഉത്സാഹം ഉണ്ടാവും ശരീരത്തിൽ അപ്പൊ അതിനുവേണ്ടിയൊക്കെ പാകപ്പെടുത്തണേ അപ്പൊ ധ്യാനിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ബ്രാഹ്മ മുഹൂർത്തത്തിൽ ശബ്ദമൊന്നുമില്ലാത്ത സമയം നാലുമണി അഞ്ചുമണി സമയത്തൊക്കെ എഴുന്നേറ്റ് ഇരുന്ന് ധ്യാനിക്കാൻ നല്ല സുഖമാണ് പക്ഷേ ഉറക്കം നിശേഷം പോകണം ഇല്ലെങ്കിൽ ധ്യാനിക്കാൻ ഇരുന്നിട്ട് ഉറങ്ങിക്കൊണ്ടേയിരിക്കും നമ്മൾ എന്നിട്ട് പറയും ഭാ എന്ത് സുഖമായ ധ്യാനം ഒരു മണിക്കൂർ പോയതേ അറിഞ്ഞില്ല ഇടയിലുള്ള സമയമൊന്നും അറിഞ്ഞില്ല അപ്പോ ഇങ്ങനെയാണ് ധ്യാനമെങ്കിൽ വളരെ എളുപ്പമാണ് അപ്പോ ഉറക്കം നല്ല വണ്ണം വിട്ടുപോയി നിശബ്ദമായ അന്തരീക്ഷത്തില് അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഉറങ്ങല്ലേ ചെയ്ത് അതുകൊണ്ട് ബുദ്ധിയൊക്കെ തണുത്തിരിക്കും ശരീരവും നല്ലവണ്ണം തണുത്തിരിക്കും ആ സമയത്ത് ധ്യാനിക്കുകയാണെങ്കിൽ പ്രശാന്താത്മ ശാന്തമായ മനസ്സോടുകൂടെ ധ്യാനിക്കാം പിന്നെയോ വിഗതഭീഹി ഭയമില്ലാതെ ധ്യാനിക്കണംന്ന് നമുക്ക് പലവിധ പേടികളുണ്ട് ഭയം നിശേഷം പോയിട്ട് ധ്യാനിക്കുക എന്ന് ധ്യാനമേ വേണ്ട ഭയമേ ഇല്ലാതെ ആവുക എന്ന് വെച്ചാൽ ജ്ഞാനികൾക്കേ ഭയമില്ലാതാവുകയുള്ളൂ നിശേഷം ഭയമില്ലാത്ത ഒരു സ്ഥിതി എന്നുള്ളത് ബ്രഹ്മജ്ഞാനികളുടെ സ്ഥിതിയാണ് അവർക്ക് ദ്വൈത നിവൃത്തി ഉണ്ടായത് ഭയമില്ല പക്ഷെ ഭയമില്ലാതെ ഇവിടെ ധ്യാനിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചത് പല വിധത്തിലുള്ള ഭയം ഒരുപാട് ഉള്ളിലുണ്ടെങ്കിൽ ധ്യാനിക്കില്ല നമ്മൾ എന്തിനെ പേടിക്കണോ അതിനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും ഇനിയിപ്പോ ഭഗവാനെ ഭയന്നാൽ ഭഗവാനെ ചിന്തിക്കും അല്ലേ കംസനൊക്കെ അങ്ങനെയാ ധ്യാനിച്ചത് കംസന് ധ്യാനം ഭഗവാനെ പേടിച്ചിട്ടുള്ള ധ്യാനമാണ് ചിന്തയാണു ഋഷികേശം അവശ്യ തന്മയം ജഗത് രണ്ടുപേര് പേടികൊണ്ട് ധ്യാനിച്ചു ഭാഗവതത്തിൽ കംസൻ കൃഷ്ണൻ നാളെ വരുവോ നാളെ വരുവോ നാളോ എത്ര അതിനുവേണ്ടി ഭഗവാന്റെ കരുണ നോക്കണം ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു ഈ കംസനെ കൃഷ്ണൻ ഒരു ദിവസം അവതരിച്ചു കൊന്നാ പോരായിരുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഒരു അനൗൺസ്മെന്റ് എട്ടാമത്തെ കുട്ടി തന്നെ കൊല്ലും എന്തിനാ ഈ അനൗൺസ്മെന്റ് ആ അനൗൺസ്മെന്റ് ആണ് സാധന തപസ് ചെയ്യിപ്പിച്ചത് കംസനെ കൊണ്ട് കംസന് വളരെ എളുപ്പത്തിൽ മുക്തി ഈ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഒരു അനൗൺസ്മെന്റ് ചെയ്തതുകൊണ്ട് എട്ടാമത്തെ പുത്രൻ അന്നു മുതൽ തുടങ്ങി പേടി അന്നു മുതൽ രാവും പകലും ആസീന സംവിശന്ന് തിഷ്ടഹ പ്രഭിപൻ ഭ്രുവന്ന് ചിന്തയാണോ ഋഷികേശം അപശ്യത്തന്മയം ജഗത് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും വർത്തമാനം പറയുമ്പോഴും ഒക്കെ കൃഷ്ണൻ മുമ്പിൽ വന്ന് നിൽക്കണമെന്ന് തോന്നുക രാമായണത്തിൽ അങ്ങനെ ഒരു കഥാപാത്രമുണ്ട് അരാ മാരീചൻ മാരീചനെ പൊന്മാന്വേഷം കെട്ടി രാമന്റെ മുമ്പിൽ ചെല്ലണം എന്ന് പറയുമ്പോ മാരീജൻ പറയണു രാ എന്ന് കേട്ടപ്പോ ഒന്ന് ബോധം കെട്ടു വീണു മാരീചൻ രാമാന്ന് പറഞ്ഞില്ലേ രാ എന്ന് കേട്ടതും ഒന്ന് മൂർച്ഛിച്ചു വീണു എന്നിട്ട് പറഞ്ഞു രാവണ എന്റെ അക്ഷരമാലയിൽ ഒരക്ഷരം കമ്മിയാണ് ഞാൻ അതുകൊണ്ട് ആവണ എന്നേ വിളിക്കുള്ളൂ രാവണ എന്ന് വിളിക്കില്ല അത്രേ നാരീച്ചൻ രാ എന്നുള്ള അക്ഷരമില്ല ആവണ എന്താന്ന് വെച്ച രാ എന്നുള്ള അക്ഷരമേ അറിയില്ല എന്നാണ് രകാരാദീനി രാമത്രി ചാശൈവ വിത്രസം ജനയന്തി എനിക്ക് രാ എന്നുള്ള അക്ഷരത്തിനെ പേടിയാണെന്നാണ് അതുകൊണ്ട് രത്നംന്ന് കേട്ടാ എനിക്ക് പേടിയാണ് രഥം എന്ന് കേട്ട പേടിയാണ് രാവണന്ന് കേട്ട പേടിയാണ് എന്താ അതിലൊക്കെ രാ എന്നൊരു അക്ഷരമുണ്ട് രേഭമുണ്ട് അതൊക്കെ പേടിയാ അതുകൊണ്ട് രാമൻ എന്ന് എന്റെ അടുത്ത് പറയരുത് രാമനെ വിശ്വാമിത്രന്റെ യാഗശാലയിൽ വെച്ച് കണ്ട ശേഷം ഭയന്നിട്ട് इप एवस्थ एव पेड़को राम वरव वरव वरव वो पेड़ पेड़ पेड़ पेड़ ध्यान इप एवस्थ एवच वृक्षे वृक्षे पशा चीराजाधरम गृहतुष राम पाशहस्तमीवाक वृक्षे वृक्षे पश्या ओरो वृक्षं का ഓരോ മരക്കുറ്റി കാണുമ്പോഴും ആകാശം കാണുമ്പോഴും ഭൂമി കാണുമ്പോഴുമൊക്കെ ചീരാജിന ജടാധരം പാൻതോലുടുത്ത് മരത്തോലുടുത്ത് ജടധരിച്ച് കയ്യിൽ കോതണ്ടവാണിയായി നിൽക്കുന്ന രാമനെ ഞാൻ സർവത്ര കാണുന്നു എന്നാണ്